ഗുരുവിന്റെ ആൾക്കാർ പറയാണ് അധപ്രകാശ് വെച്ചാൽ ഞാൻ പുസ്തകത്തെ അറിയുന്നു ഈ അനുഭവം ഇതിൽ പുസ്തകം ഞാൻ അറിവ് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഞാൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ആശ്രയം ഞാൻ ആത്മാവ് പുസ്തകം എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ വിഷയം അറിയുന്നു എന്ന് പറയുന്ന സംവിത് ഈ മൂന്ന് കാര്യങ്ങളുണ്ടാവും ജ്ഞാനത്തിന്റെ ആശ്രയം ജ്ഞാനത്തിൻ്റെ വിഷയവും ഞാൻ അതിൽ ആ ജ്ഞാനം സംവിത് എന്ന് പറയുന്നത് പ്രഭാകരന്മാർ പറയുന്നതാണ് അപ്പൊ അതിനാണ് പറഞ്ഞത് ആ ജ്ഞാനം എന്ന് പറയുന്നത് അപരാധീന പ്രകാശം സ്വയം പ്രകാശ സ്വയം പ്രകാശം ജ്ഞാന സ്വയം പ്രകാശമാണ് ആര് പറയുന്നു പ്രഭാകരന് എന്റെ ആൾക്കാരുണ്ട് ഞാന് സ്വയം പ്രകാശമാണെന്ന് പറയുന്നത് സാറിന് അദ്വൈരികളാണ് ഇപ്പൊ ഗുരു പറയുന്നു ഞാനും സ്വയം പ്രകാശമാണ് പ്രഭാകര ഗുരു രണ്ടൊന്നാണോ അല്ല രണ്ടുമെന്നല്ല സ്വയം പ്രകാശമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രഭാകര ഗുരു പറയുന്ന സ്വയംപ്രകാശത്തെ അദ്വൈരി അംഗീകരിക്കില്ല അദ്വൈതിക്ക് സമ്മതമായ കാര്യ പ്രഭാകരവര് പറയുന്ന എന്താണ് സ്വവിഷേകാ പ്രകാശിക്കുന്ന വെച്ചാ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് പ്രകാശം എന്താണ് പറഞ്ഞു കഴിഞ്ഞ ദിവസം പ്രകാശത്തിന് പ്രകാശത്തിന് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രകാശംന്ന് പറഞ്ഞ എന്താ പറയു പ്രകാശം എന്ന് പറഞ്ഞാൽ കാര്യം അറിയാവുന്നുണ്ടെങ്കിൽ ഒരു വാക്കുമായി കാര്യം അറിയില്ലെങ്കി ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കും പ്രകാശം എന്ന് വെച്ചാൽ അനുഭവം അനുഭവത്തിനാണ് പ്രകാശം അപ്പൊ ജ്ഞാനം പ്രകാശമാണ് ജ്ഞാനത്തിന്റെ ആശ്രയമായിരിക്കുന്ന ആത്മാവും ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന പുസ്തകവും ജഡമാണ് ഇതാണ് ഇവർ പറയുന്നത് അത് സ്വയം പ്രകാശം വെച്ചാൽ അറിവ് തന്നെ തന്നെ അറിയുന്നു അറിവിന് അറിവ് വിഷയമാണ് അനുഭവത്തെ അനുഭവ അനുഭവത്തെ തന്നെ അറിയും അദ്വൈതീയുടെ സ്വയം പ്രകാശം അദ്വൈതീയുടെ സ്വയം പ്രകാശം എന്ന് പറയുന്നത് എന്താണ് അത് അവേദ്യമാണ് അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ആ അനുഭവം സ്വയം അനുഭവിക്കുന്ന അനുഭവമോ അത് മറ്റാരെങ്കിലും അതിനെ അനുഭവിക്കുന്നതോ അല്ല അതാണ് സ്വയം പ്രകാശം എന്നുവെച്ചാൽ അനുഭവത്തിന് സ്വയം തന്നെ അനുഭവിക്കാൻ പറ്റില്ല ഈ അനുഭവത്തെ മറ്റൊരാൾക്കും അനുഭവിക്കാൻ പറ്റില്ല പിന്നെ അതിന് എന്താ പറയാൻ പറ്റുമോ അത് അവേത്യം എന്ന അത് അനുഭവമാണ് ആരും അതിനറിയുന്നില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരും അതിനെ അറിയുന്നില്ല എന്നാൽ അതെന്താണ് ഇതാണ് സ്വയംപ്രകാശം അത്വൈതി ആ സ്വയംപ്രകാശത്തെ കുറിച്ച് പറയുമ്പോ മറ്റാരും പറയാത്ത തരത്തിലൊക്കെയാ പറയുന്നത് എന്താ പറയുന്നത് ഈ സ്വയംപ്രകാശം എന്ന് പറയുന്നതാണ് അറിയുന്നവൻ അറിയുന്നവൻ എന്ന് പറയുന്നത് എന്താണ് അനുഭവം തന്നെയാണ് എന്നല്ല ഓ എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കിഴക്ക് പണ്ട് പണ്ട് മനസ്സിന് കളയും അതൊക്കെ കളയണം എന്നിട്ട് പറയുന്ന മാത്രം കേൾക്കണം കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പലതും ഇങ്ങനെ തികട്ടി തികട്ടി വരുമോ അതൊക്കെ കളയണം മാത്രം കേൾക്കണം മറ്റൊക്കെ കളയണം പ്രകാശം എന്ന് വെച്ച അനുഭവം അത് ഈ പറയുന്നത് ആ അനുഭവം എന്ന് പറയുന്നത് എന്താണ് അത് അറിയുന്നവൻ തന്നെയാണ് അനുഭവം തന്നെയാണ് അറിയുന്നവൻ അത് അറിയുന്നവന്റെ അറിവല്ല മനസിലായത് അത് അറിയുന്നവന്റെ അറിവല്ല അറിവുകൊണ്ട് അറിയുന്നവനുമല്ല അറിയപ്പെടുന്നതല്ല എന്നും പറയാം അറിവുകൊണ്ട് അറിയുന്നതുമല്ല അത് അറിവാണ് അത് തന്നെയാണ് അറിയുന്നവനായി എന്താണ് പ്രധാന വ്യത്യാസം ഇവിടെ പറയുന്ന എന്താണ് പ്രഭാകര പറയുന്നത് എന്താണ് അറിയുന്നവൻ ആരാണ് ഉം വിഷയത്തെ ആശ്രയമായിട്ട് അറിയുന്നവനാരാണ് കുറഞ്ഞ വാക്കുകളിൽ ഉത്തരം പ്രയാസങ്ങള് അറിവിന്റെ ആശ്രയമായിരിക്കുന്നാണ് അറിയുന്നത് എന്നു ഇവിടെ അദ്വൈനി എന്താ പറയുന്നത് എഴുതി വെച്ച് പറഞ്ഞാലും ശരിയാകില്ല കാര്യം മനസ്സിലാക്കി എഴുതി വെച്ച് പറയുന്നോണ്ടാണ് ഈ കുഴപ്പം വരുന്നത് കൃത്യമായി പറയാൻ പറ്റാതെ കൃത്യമായി പറയണമെങ്കിൽ മനസ്സിലാക്കി പറയണം അത് ഇത് പറയുന്നത് എന്താണ് അറിയുന്നവൻ തന്നെയാണ് അറിവ് അറിവിന്റെ ആശ്രയമല്ല അറിയുന്നവൻ ആരും അറിയുന്നവറിയപ്പെടുന്നതുമല്ല അറിയുന്നവൻ അറിയുന്നവൻ അറിയപ്പെടുന്ന ഒന്നല്ല പുസ്തകം അറിയപ്പെടുന്ന ഒന്നാണ് പക്ഷെ അറിയുന്നവൻ അറിയപ്പെടുന്ന ഒന്നല്ല അത് അറിവ് തന്നെയാണ് അത് അറി അറിയുന്നവൻ അറിവായിട്ടിരിക്കുന്നതാണ് അതിന്റെ സ്വയം പ്രകാശം അതുകൊണ്ട് ആ അറിയുന്നവൻ അറിവായതുകൊണ്ട് അതിനെ അറിയാൻ പറ്റത്തില്ല അറിയുന്നവൻ അറിവായതുകൊണ്ടാണ് അറിയാൻ കഴിയാത്തത് മനസിലായോ അപ്പൊ ഞാനെന്നീ അറിയുന്നതാ ഏ ഞാനെന്നറിയുന്നു അത് അന്ധകർണമാവുന്ന ഉപാധിയോട് കൂടിയിരിക്കുന്ന പ്രമാതാവിനെയാണ് ഞാനെന്നറിയുന്നത് ഞാൻ അതറിവല്ല അവിടെ അന്ധകർണം കൂടെ ഉണ്ട് അന്ധകർണമാവുന്ന ഉപാധിയോട് കൂടിയിരിക്കുന്ന അറിയുന്നവൻ പ്രമാതാവ് അവനാണ് ഞാൻ എന്നീ പറയുന്നത് അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്ന എന്താണോ അറിയുന്നവനെന്ന് പറയുന്ന അറിവിനെ തന്നെയാണ് അത് അറിവിന്റെ ആശ്രയമല്ല അറിവിന്റെ വിഷയമല്ല രണ്ടുമല്ല കേവലമായ അറിവ് അനുഭവം അത് അറിയപ്പെടാത്തതു അറിയപ്പെടുന്നതുമല്ല അറിയപ്പെടാത്തതുമല്ല രണ്ടും പറയാൻ പറ്റില്ല അറിവാണെന്ന് ചോദിച്ചാണ് അതറിവാണ് അതാണ് അതാണ് സ്വയംപ്രകാശം നമ്മൾ അറിയുന്നത് അറിയാത്തതെന്ന് രണ്ട് തരത്തിൽ പറയുണ്ടോ അറിയുന്നതും അറിയാത്തതും അങ്ങനെയല്ല അത് അറിവായതുകൊണ്ട് അങ്ങനെയും പറയാൻ പറ്റിയില്ല പിന്നെ ആ അറിവെന്ന് പറയുന്നത് സർവത്തിനും ആധാരമാണ് അങ്ങനെ കൂടെയുണ്ട് സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്നതാണെന്ത് അറിവ് അതുകൂടെ പറയാൻ തോന്നി പ്രഭാകര ഗുരു എന്ന് പറയും അറിവെന്ന് പറയുന്നത് അറിവിന്റെ ആശ്രയത്തിലിരിക്കുന്ന ഒന്നാണ് അറിവ് ഇവിടെ പറയുന്ന അങ്ങനെ അല്ല അറിവിന് ആശ്രയമേ ഇല്ല അറിവിന് അറിവാണ് ബാക്കി എല്ലാത്തിനും ആശ്രയമായിരിക്കുന്നത് അറിവിനൊരാശ്രയം ഇല്ല സർവത്തിനും ആശ്രയമായിരിക്കുന്നതാണെന്ത് അതാണ് സ്വയം പ്രകാശം അതിനെ താങ്ങി നിർത്താ ഒന്നുമില്ല അതെല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതാണ് അല്ല അതിലാണ് അദ്വീതിയുടെ സ്വയംപ്രഭാസം ചെറിയ കാര്യ അറിവിനെ താങ്ങി നിർത്താൻ മറ്റൊന്നുമില്ല അറിവിലാണ് എല്ലാം നിൽക്കുന്നെന്ന് പറഞ്ഞാൽ എന്തെല്ലാം നിൽക്കുന്നത് ശരീരം ഉൾപ്പെടെയുള്ള നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം മുഴുവൻ കൊണ്ടാണ് ആ അറിവിനെ അധിഷ്ഠാനം എന്ന് പറയുന്നത് അതിനവേദ്യം എന്ന് പറയും എന്ന് പറഞ്ഞാൽ അത് അവേദ്യം എന്ന് പറഞ്ഞാൽ ഇത്ര അർത്ഥമുള്ളൂ അത് അറിയപ്പെടുന്ന ഒന്നല്ലെന്ന് പറയാൻ വേണ്ടിട്ടാണ് അല്ലാതെ അത് എന്താണ് അറിയാത്തതെന്നുള്ള അർത്ഥത്തിലല്ല മനസിലായെനിക്കറിയത്തില്ല അതറിയാത്തതാണ് അതുപോലല്ല മേസിക്കാത്ത എന്തിരിക്കുന്നു എനിക്കറിയില്ല അതെനിക്ക് അറിയാത്തതാണ് അറിവങ്ങനെയല്ല അവേദ്യമായിരിക്കുന്നു അവേദ്യം എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് അതിനെ അറിയാൻ മറ്റ് വിഷയങ്ങളെ പോലെ അതിന് വിഷയമാക്കാൻ പറ്റത്തില്ല എന്നും പറയാം സർവാധിഷ്ഠാനമാണ് അങ്ങനെയുള്ള സ്വയംപ്രകാശം അപ്പൊ സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ തീരുന്ന വരസന സ്വയം പ്രകാശം എന്ന് പറഞ്ഞാൽ അവിടെ വേണ്ടി വരുന്ന എന്താണോ സ്വയം പ്രകാശത്തിന്റെ നിർവചനം അതിന് എങ്ങനെ നിർവചിക്കുമെന്നു അദ്ദേഹം പറയുന്നു അപരോക്ഷ വ്യവഹാരം അപരോക്ഷം എന്ന് പറയുന്ന ഒരു അപരോക്ഷ വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണോ ബോധം അറിവ് എല്ലാവരും ഉണ്ടല്ലോ അറിവ് ഈ ബോധം ഇതിനോക്ഷ വ്യവഹാരം എന്ന് പറയുന്നത് ബോധവ്യവഹാരം അത് എവിടെയാണോ സംഭവിക്കുന്നത് അറിവിലാണ് എന്നാൽ അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് അതിനെ അറിഞ്ഞു എന്ന് ധരിക്കരുത് അതുകൊണ്ട് അത് അവേദ്യ അതാണ് അപരോക്ഷത്വം അപ്പോൾ അറിവിനെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മറ്റുള്ളവരുടെ അറിവിനെ സംബന്ധിച്ചുള്ള ധാരണകളെയൊക്കെ നീക്കി നീക്കി നീക്കി നീക്കി അത്വിനേന ഇങ്ങനെ സ്ഫുടം ചെയ്തെടുത്താണ് ഈ പറയുന്ന സ്വയം പ്രകാശത്ത് അവിടെ ഈ പ്രഭാര ഗുരുവിനെയൊക്കെ തള്ളിക്കളഞ്ഞു അറിവിനെ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള വാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞു അറിവിനൊരാശ്രയമുണ്ട് അതും തള്ളിക്കളഞ്ഞു കാരണം അറിവ് സർവത്തിനും അധിഷ്ഠാനമാണ് ഇല്ലെങ്കിലും അതിനു ആശ്രയം അപ്പൊ അങ്ങനെയൊക്കെ ഒരു സ്വയംപ്രകാശം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുന്ന എങ്ങനെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത് ആ അറിവിലേക്ക് മനുഷ്യ എത്തിച്ചേരുന്നെങ്ങനെ യുക്തിചിന്ത അത് യുക്തിചിന്തയിലൂടെ ചിന്തയിലൂടെയാണ് ഇങ്ങനെ സ്വയം പ്രകാശമായ അറിവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തിച്ചേർന്നു അത് അറിവിനെയും അറിയാനുമില്ല സ്വയം പ്രകാശം ഒക്കെ പറയുന്ന ഈ കാര്യം സ്വയംപ്രകാശം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് മറ്റുള്ളവരാരും പറയുന്നില്ല താർക്കികന്മാർ പറയും അറിവിനെ അറിയാൻ വ്യക്തമായിട്ട് അറിവ് വ്യവസായ ജ്ഞാനമാണ് അനു വ്യവസായം അറിവിനെ അറിയുന്ന അറിവാണ് പ്രഭാകരനും പറയുന്നു അറിവിനെ അറിയാം പക്ഷെ അനു വ്യവസായത്തെ സ്വീകരിക്കുന്നത് അറിവ് സ്വയം അതിനെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അറിവ് തന്നെ അറിവിനെ വിഷമായിക്കൊണ്ടിരിക്കുന്നു അന്നിട്ട് അനു വ്യവസായത്തിന്റെ ആവശ്യമൊന്നുമില്ല പ്രഭാകരൻ പറയുന്നതാണ് എന്താണ് അറിവ് അറിവിനെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ രണ്ടാമതൊരു ജ്ഞാനത്തിന്റെ ആവശ്യമില്ല എപ്പോഴും അതിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കാൻ പറ്റും അറിയാതിരിക്കാൻ പറ്റും അത് പറയുന്നത് അവൈത്യമാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല അറിവ് അത് സർവാധിഷ്ഠാനമാണ് നിത്യമാണ് നിർഗുണമാണ് അനാദ്യ അനന്തമാണ് എന്നൊക്കെ കുറിച്ച് പറയുന്നു ഈ പറയുന്ന ഒന്നും തന്നെ ആരും അംഗീകരിക്കില്ല പ്രഭാര ഗുരു പറയുന്നതിനെ നിഷേധിക്കണമെങ്കിൽ ഇത്തിരി പാടുപെടണം കാരണം പ്രഭാകര ഗുരു ബുദ്ധിമാനാണ് പെട്ടെന്നൊന്നും ആർക്കോ അങ്ങനെ കീഴടങ്ങുന്ന ആളല്ല പ്രഭാരഗുരുവിനെ നിഷേധിക്കണമെങ്കിൽ കുറച്ച് പണിതാടേ പറ്റും അതുകൊണ്ട് ഇവിടത്തെ ചർച്ച എന്ന് പറയുന്ന കുറച്ച് സമയത്തേക്ക് ഇത്തിരി എന്തു കടുക്ക് കുറച്ചു ദൂരം പ്രഭാര ഗുരുവിനെവിടെ കണ്ണിക്കുന്നു അവിടെയൊക്കെ എന്തോരം കടക്കും എന്തുകൊണ്ട് പ്രഭാര ഗുരു ആർക്കും അങ്ങനെ പിടികൊടുക്കുന്നതാണ് അദ്വൈതി ആയാലും എന്തു ചെയ്യും for you in the evening of the night of the night of the night of the night of the night പ്രഭാരഗുരുവിനെ തോപ്പിക്കാൻ വേണ്ടി അദ്വൈരി പ്രഭാരഗുരു പറയാത്ത കാര്യങ്ങളും പറഞ്ഞ് പ്രഭാര പറഞ്ഞു ശരിയല്ല എന്നൊക്കെ സമർത്ഥിച്ച് അവസാനം അദ്വൈതിയുടെ സ്വയം പ്രകാശത്തിൽ കൊണ്ടെത്തിക്കും അതൊക്കെ നമുക്ക് ബന്ധപ്പെടുത്തേക്ക് വ്യാഖ്യാനിക്കാം ഗുരു പറയുന്നത് സ്വയംപ്രകാശം അദ്വൈതയുടെ പറയുന്ന സ്വയം പ്രകാശം ഗുരു പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണോ ഈ തത്വത്തെ കുറിച്ച് പറയുന്നതെല്ലാം ഭാരതീയമായി പാരമ്പര്യമായി പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് എവിടെ ഗുരുവൊക്കെ നമ്മുടെ ഇവിടത്തെ തത്വം വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ള വ്യത്യാസം വരുന്നത് എവിടെയാണോ സാമൂഹ്യമായ കാര്യങ്ങൾ വരുമ്പോഴാണ് പാരമ്പര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നത് മതം ജാതി തുടങ്ങിയ കാര്യങ്ങൾ വരുന്നു പാരമ്പര്യത്തെ അനുകൂലിക്കുന്നു ബാക്കി തത്വചിന്ത എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ആൾക്കാർ ഒരു പാഷന് വേണ്ടിയിട്ട് അത് പിന്നെ ഗുരു പറയുമ്പോൾ ഗുരുവിന്റെ ഒരു ശൈലി വരും ആ വ്യത്യാസം വരും ആര് പറഞ്ഞാലും വരും അവരോട് മനസിലാക്കി പറയും പറഞ്ഞൊക്കെ അതൊക്കെ പഴയ കാര്യങ്ങൾ തന്നെയാണ് തസ്മാത് അപരാധീനപ്രകാശ സംവിധ്യ അപരാധീനപ്രകാശം എന്നിട്ട് സ്വയംപ്രകാശമായ സംവിധാനം സ്വീകരിക്കുന്നു അപ്പോ ചോദിക്കാണ് പൂർവപക്ഷി ആരോട് ചോദിക്കുന്നു പ്രഭാകരന്മാരോട് തഥാപിക്ക് മായാതം വിഷയാത്മനോഹോ സ്വഭാവ ജടയോഹോ ഇത് ആരോടാണ് ചോദിക്കുന്നത് പ്രഭാകരന്മാരോട് അദ്വൈതി ചോദിക്കുകയാണ് ഉം അദ്ദേഹം ചോദിക്കുന്നു പ്രഭാരഗുരുവിനെ ഇനി തകർത്താൻ മുമ്പോട്ട് പോകാൻ പറ്റും പ്രഭാര ഗുരു കേറി കുറുകെ നിൽക്കുകയാണ് സ്വയം പ്രകാശം എന്ന് പറഞ്ഞ് ആ സ്വയം പ്രകാശമല്ല ഈ സ്വയംപ്രകാശം എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇനി പറയുന്നത് ഞങ്ങളുടെ സ്വയംപ്രകാശമല്ല നിങ്ങളുടെ സ്വയം പ്രകാശം ഇപ്പൊ പറഞ്ഞ സ്വയം പ്രകാശം പ്രഭാരഗുരുവിന്റെ സ്വയം പ്രകാശം നിങ്ങളുടെ സ്വയം പ്രകാശമല്ല ഞങ്ങളുടെ സ്വയംപ്രകാശം കുറച്ചു ഭാഗം അത് കഴിയുമ്പോ പിന്നെ വഴിക്ക് വരും കുറച്ചു ഭാഗേ ഉള്ളു പക്ഷെ ആ പറയുന്ന ഭാഗം പ്രകാര ഗുരുവിനോടാവുമ്പോ എന്ത് ചെയ്യും ഒന്ന് കട ഒരു പത്ത് വരി സഹിക്കാൻ പറ്റുമോ പറ്റും മിക്കവാറും പേര് മിക്കവാറും പേര് പിന്നെ അടുത്ത ക്ലാസ് ഇരിക്കാറില്ല അങ്ങനെ വല്ലതും ഒരു സംഭവിക്കും ചോദിക്കണം തഥാപി മുഖ്യമായതും വിഷയാത്മോഹവും സ്വഭാവ ജഡയഹോ ഇപ്പം പ്രഭാകരൂര് പറയുന്നതനുസരിച്ച് വിഷയം ആത്മാവ് സംവിത്ത് മൂന്ന് കാര്യങ്ങളാണ് അത് സംവിതൽ നിന്ന് ഭിന്നമാണെന്തു വിഷയവും ആത്മാവും അപ്പോ ഇത് രണ്ടും ജഡമാണ് ആത്മാവും അതിനു സ്വഭാവ ജഡവും എന്ന് പറയുന്നത് ജഡോ എന്ന് വെച്ചാൽ ഇവിടെ സംവിത് ആത്മാവും വിഷയം അതായത് ഞാൻ പുസ്തകത്തെ അറിയുന്നു ഞാനെന്ന് പറയുന്നത് എന്തായി സംയുത്തിന്റെ ആശ്രയമായ ആത്മാവായി അത് ജഡമാണ് ഞാൻ അറിയുന്ന എന്തിനെ വിഷയത്തെ അതും എന്താണ് ജഡമാണ് അതാണ് പ്രഭാകര പറയുന്നത് നിങ്ങള് സ്വയംപ്രകാശമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംയുത്ത് സ്വയം പ്രകാശം എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് സ്വീകരിക്കുന്നു വേദന ജഡോന്ന് പറയും സംയത്ഭിന്നമായ എന്തോന്നു ആത്മാവ് വിഷയവും ജഡോന്ന് പറഞ്ഞാ എന്തർഥം സംയുദ്ഭിന്നം പറയുന്നു തഥാഭിക്യമായതം എന്താ നിങ്ങൾക്ക് സ്വയംപ്രകാശമെന്ന് പറഞ്ഞല്ലോ എന്തിനത്തിന് അങ്ങനെ പറഞ്ഞാലും എന്ത് ശ്രദ്ധിച്ചു എന്നാണ് ഏതിനും വിഷയാത്മനോഹോ വിഷയവും ആത്മാവും സ്വഭാവ ജഡയോഹോ സ്വയം ജഡമായിരിക്കുന്നത് അതായത് സ്വയം പ്രകാശം എന്ന് പറഞ്ഞു അതിന് പകരം പറയണെന്താണ് സ്വയം ജഡമായിരിക്കുന്നത് വിഷയവും ആത്മാവ് അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത് ഓർക്കണമെന്നാണ് ഞാൻ പുസ്തകത്തെ അറിയുന്നു സം അറിയുന്നു സം അതിൽ നിന്നും ഭിന്നമാണത് പുസ്തകവും ആശ്രയമായ ആത്മാവും അതാണ് ജഡ് അപ്പോ പ്രഭാകരന്മാരും മറുപടി പറയണേം തയോഹോ സംസിദ്ധിച്ചത് ഞങ്ങൾ പറഞ്ഞതിന്റെ ചുരുക്കം ഞങ്ങളുടെ സിദ്ധാന്തം ഇതാണ് തയോഹോ സം രണ്ടെണ്ണത്തിൽ വിഷയത്തിന്റെ ആത്മാവിന്റെയും സംജമാണ് മനസിലായോ വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംയത് അജടമാണ് അതാണ് പറയുന്നത് ഇവിടെ മൂല കുരുക്കാവ് വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംയുക്തം അജടമാണെന്ന് പറയുന്നത് അസ്വയം വിഷയോ ആത്മാവോ ജഡം സംയുത്തോ സ്വയം പ്രകാശം അജമാണ് സ്വയം പ്രകാശം ഇപ്പൊ ചോദിക്കുന്നത് എന്തിനാണ് വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംയുക്തനെ കുറിച്ചാണ് അത് അജമാണ് അതായത് ഇപ്പൊ ഇവിടെ രണ്ടു വസ്തുക്കളേ ഉള്ളു ഒന്ന് സംയുത്ത് ഒന്ന് ജഡം അപ്പൊ സംഭിന്നത്തെ അവരെന്തു പറയും ജഡ സംനെന്ത് പറയും അജടം സം ജഡം സംയുത്തിന് അജടം ഇങ്ങനെ പറയും തത് <todicum> കിം പുത്ര പണ്ഡിതീ പിതാവി പണ്ഡിതോ വസ്തുക്കാണ് ഇവിടെ ചോദിക്കുകയാണ് പുത്രൻ പണ്ഡിതനായതുകൊണ്ട് മാതാപിതാക്കള് പണ്ഡിതരാവും അങ്ങനല്ലോ ഇവിടെ രണ്ട് വസ്തുക്കളാണുള്ളത് ഒന്ന് ആത്മാവും വിഷയവും ആത്മാവും ഇതിനെ ആശ്രയിച്ചാണ് എന്തുണ്ടാവുന്നത് സംയുത്വം ഇതിനെ ആശ്രയിച്ചാണ് സംയുത്വം അപ്പോ അച്ഛനും അമ്മയും ഇത് രണ്ടും എന്താണ് ജഡമാണ് ഇനി ആത്മാവിന്റെ സംയുത്വം വിഷയത്തിന്റെ സംയുത്വം അതെന്താണ് അജടമാണ് രണ്ടിന് സംയുത്വം ഉണ്ടാവുന്നുണ്ട് അപ്പൊ ചോദിക്കുന്നു ഇനി സംയുക്തം എന്ന് പറയുന്നതോ അജടമാണ് സംയുത്വം എന്ന് പറഞ്ഞപ്പോഴും അജടമാണ് ഇനി ആത്മാവിന്റെ സംയുദന എടുക്കുക സംയുക്തം എന്ന് പറയുന്നത് പുത്രനാണ് പുത്രം അജടമാണ് ആത്മാവിന്റെ സംയുത്ത് വിഷയത്തിന്റെ സംയുത്വം ഇതെങ്ങനെ അജടമാകുമെന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിന് വളരെ ശ്രദ്ധിക്കുന്നു ആത്മാവിന്റെ സംയുത് വിഷയത്തിന്റെ സംയുക്തം ഇതെന്താണ് അജടം എന്ന് എന്തുകൊണ്ട് കാരണം സംയുക്ത അജട ഈ സംയുക്തം എന്ന് പറയുന്നത് ആത്മാവിനെ വിഷയത്തെ ആശ്രയിച്ചുണ്ടാവുന്നതാണ് സംയുക്തം എന്ന് പറയുന്നത് വിഷയത്തെ ആശ്രയിച്ചാണെന്നുണ്ടാകുന്നത് സംയുക്തമുണ്ടാകും അത് പുത്രനായി പുത്രനജടമായി സംബന്ധിച്ചു അതുകൊണ്ട് എങ്ങനെയാണ് വിഷയ സംയത്വം ആത്മ സംയുത്വം അജടമാകും വിഷയ സംയത്വം ആത്മസം എങ്ങനെ അജടമാകും അത് സംയുത്വചടമായതുകൊണ്ട് പറയാൻ പറ്റില്ല കാരണം സംയുത്വം എന്ന് പറയുന്നത് പുത്രനാണ് അപ്പൊ പുത്രൻ അജടമായതുകൊണ്ട് ആത്മസം വിഷയ സംയത്വം അജടമായെന്ന് പുത്രൻ പണ്ഡിതനായതുകൊണ്ട് മാതാപിതാക്കള് പണ്ഡിതരായെന്ന് പറയുന്ന പോലെയാണ് മനസ്സിലായത് സംയത് എന്ന് പറയുന്നത് പുത്രൻ അതെന്താണ് അജ് സംബന്ധിച്ചു പുത്രൻ സംയുത് അചടമായതുകൊണ്ട് മാതാപിതാക്കൾ അജടമാകുമോ ആകുമെന്ന് പറഞ്ഞാൽ പുത്രൻ പണ്ഡിതനായതുകൊണ്ട് മാതാപിതാക്കളും പണ്ഡിതനായി അങ്ങനെ വരത്തില്ല ചിലപ്പോൾ മാതാപിതാക്കൾ പഠിക്കത്തില്ല പുത്രനെവിടെയെങ്കിലും പോയി പഠിച്ച് പണ്ഡിതനാകാം പുത്രൻ പണ്ഡിതനായി അതുകൊണ്ട് മാതാപിതാക്കൾ പണ്ഡിതനായി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സംയുത് അജഡമായതുകൊണ്ട് വിഷയ സംയത്വം ആത്മസംയത്വം അജടമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയുന്നത് അജടം എന്ന് പറഞ്ഞാൽ എന്താവും അജടം വിഷയ സംയത്ത് ആത്മസംയത്ത് അജടം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം അത് അനുഭവമാണ് അത് അനുഭവമാണ് എന്നാണ് വിഷയ സംയത്വം അപ്പൊ വിഷയവും ആത്മാവും അത് അനുഭവമാണ് അല്ല വിഷയവും ആത്മാവും അനുഭവ പക്ഷെ വിഷയസമയത്തും ആത്മസമയത്തും അനുഭവമാണ് രണ്ടു അങ്ങനെ വ്യത്യാസവും കൂടെ പറയുന്നു പക്ഷേ പ്രാഭകരന്മാർക്ക് വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംവിത് അനുഭവം അംഗീകരിച്ചേ പറ്റും അത് അംഗീകരിക്കേണ്ടി വരും തുക ഞാൻ പുസ്തകത്തെ അറിയുന്നു അവിടെ വിഷയ അനുഭവം ആത്മാനുഭവം ഉണ്ടാകും സ്വീകരിച്ചേ പറ്റും അതെങ്ങനെ സംഭവിക്കുന്ന എന്നുള്ളതാണ് പ്രശ്നം അതെങ്ങനെ സംഭവിക്കും വിഷയത്തിന്റെയും ആത്മാവിന്റെയും സംവിത് അനുഭവം എങ്ങനെ ഉണ്ടാവും അതാണ് ചോദിക്കുന്നത് അപ്പൊ ജന്യമായത് സംത് അതജടമാണ് അതുകൊണ്ട് അതിന്റെ ജനകം അതെങ്ങനെ അജടമാണ് ജന്യത്തെ അജടം എന്ന് പറയും അതുകൊണ്ട് ജനകം അജടം ആകത്തില്ല ജന്യമാണ് സംയുക്തം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതാണ് വിഷയ സംയുക്തം ആത്മസം അതുണ്ടാവുന്നാണ് ശരി അത് അജടമാണ് അതുകൊണ്ട് അതിന്റെ ജനകമായിരിക്കുന്ന വിഷയവും ആത്മാവും അതെങ്ങനെ അജടമാകും അതാകാൻ പറ്റത്തില്ല ജന്യം സംയുക്ത അജടമാണ് സംബന്ധിച്ചത് അതുകൊണ്ട് ജനകമൊരിക്കലും ജഡമാകത്തില്ല നടത്തും അതാണ് പറഞ്ഞത് പുത്രൻ പണ്ഡിതനായതുകൊണ്ട് പിതാവ് പണ്ഡിതനാകത്തില്ല പണ്ഡിതീതി പിതാവി പണ്ഡിതോസ്തു പറയുന്നു അത് ഒന്നും ശരിയല്ല പുത്രൻ പണ്ഡിതായതുകൊണ്ട് പിതാവ് പണ്ഡിതനൊന്നും ആകത്തില്ല പക്ഷെ മറ്റൊരു കാര്യം സംഭവിക്കും എന്താണോ സ്വഭാവയേവായും സംവിത സ്വയം പ്രകാശായ യഥാർത്ഥ ആത്മസംബന്ധിത പറയുന്നത് സംയത് എന്നൊരു പ്രത്യേകതയുണ്ട് സംയുതെന്ന് വെച്ചാൽ അനുഭവമാണ് അത് മറക്കരുത് അതെപ്പോഴും വിഷയത്തോടും ആത്മാവനോടും ബന്ധപ്പെട്ടേ ഇരിക്കത്ത അതായത് ഞാൻ പുസ്തകത്തെ അറിയുന്നു ഈ അറിയുന്നു ഈ അറിവാണ് സംയുത് അതെപ്പോഴും ഇങ്ങനെ രണ്ടെണ്ണത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ആത്മാവ് മറ്റൊന്ന് ഏതെങ്കിലും വിഷയം പുസ്തകത്തെ അറിയുന്നു ആനയെ അറിയുന്നു കുതിരയെ അറിയുന്നു അപ്പൊ സംയുത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് അനുഭവത്തിന്റെ അതെപ്പോഴും ആത്മാവും വിഷയമായിട്ട് ചേർന്നേരിക്കത്തോ അല്ല നമുക്ക് വല്ല സംയുക്തം ബോധം ഉണ്ടാവാറുണ്ട് ഏത് ബോധം ഉണ്ടായാലും പരിശോധിച്ചു നോക്കുക അവിടെ ഒരു വിഷയവും കാണും ആത്മാവും കാണും അങ്ങനെയല്ലാതെ ബോധം ഉണ്ടാകുന്നുണ്ട് സ്വഭാവമായും സംയുതഹ ഇത് സംയുത്തിന്റെ ഒരു സ്വഭാവമാണ് സ്വയം പ്രകാശായ സംയുത്വ സ്വയം എന്ന് വെച്ചാൽ ഇവിടെ പ്രഭാകരന്റെ അഭിപ്രായം അദ്വീയരുടെ സ്വയംപ്രകാശമാണ് പ്രഭാകരന്മാരുടെ അഭിപ്രായം അനുസരിച്ചുള്ള സ്വയം പ്രകാശ് ആണ് ആ സമയത്ത് അതുകൊണ്ടന്നെ വരുന്നു ഇത് അർത്ഥ ആത്മസംബന്ധി അതതിന്റെ സ്വഭാവമാണ് എപ്പോഴും അർത്ഥത്തിനോടും ആത്മാവിനോടും ബന്ധപ്പെട്ടേക്കുന്നു ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്നുള്ള ഓർമ്മിക്കുക അതെപ്പോഴും എന്ന് ആത്മാവിനോടും അർത്ഥത്തോടും ബന്ധപ്പെട്ടേയിരിക്കുന്നു സമയത്തിന്റെ സ്വഭാവമാണ് ചോദിക്കുന്നു പണ്ഡിതം അപ്പൊ നിങ്ങളിങ്ങനെ പറയുമോ പുത്രത്തിന്റെ സ്വഭാവമാണ് എപ്പോഴും മാതാപിതാക്കളോട് ബന്ധപ്പെട്ടേയിരിക്കും അങ്ങനെ പറയാൻ പറ്റും എന്തുകൊണ്ട് അതുകൊണ്ടാണ് പുത്രനെപ്പോഴും മാതാപിതാക്കളോട് ബന്ധപ്പെട്ടേ ഇരിക്കും പറഞ്ഞാൽ നടക്കും എന്തോണ്ട് അതുകൊടുത്തോടെ പുത്രന്റെയും മാതാപിതാക്കളെയും കാര്യം കൊടുത്താൽ മതി പുത്ര മതാപലാതാ പിതാക്കളോട് നിത്യസംബന്ധം പറയാൻ പറ്റൂ എന്തുകൊണ്ട് അതുകൊണ്ടാണ് സിമ്പിളായ ചോദ്യം വിഷയമല്ല പുത്രയും മാതാപിതാക്കളുടെയും പുത്രന്റെയും മാതാപിതാക്കളുടെയും കാര്യം ചോദിക്കുകയാണ് പുത്രനും മാതാപിതാക്കളുമായിട്ട് നിത്യസംബന്ധം ഉണ്ടാവും എന്തുകൊണ്ട് മാതാപിതാക്കൾ മരിച്ചു പോകത്തില്ലേ ആ അപ്പൊ പിന്നെ നിത്യസംബന്ധം അങ്ങനെ ഉണ്ടാവും മാതാപിതാക്കളോട് നിത്യസംബന്ധം ഉണ്ടാവണെങ്കി അവർ ജനം ജീവിച്ചിരിക്കണ്ടേ അതുപോലെ സംയുത് ഈ സംയുത്വം എന്ന് പറയുന്നത് ആത്മാവിനെ വിഷയത്തെ ആശ്രയിച്ചാ ഉണ്ടാകുന്നത് അതിനെപ്പോഴും ആത്മാവ് വിഷയവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കാൻ പറ്റില്ല കാരണം അത് നമുക്ക് ഇല്ലാതാകുന്നു ഹാ പുത്ര പണ്ഡിത സ്വഭാവ ഏഷ പണ്ഡിതനായ പുത്രത്തിന്റെ സ്വഭാവം ഇതാണ് എന്ത് പിതൃസംബന്ധിതീ സമാണ് എപ്പോഴും പിതൃ സംബന്ധം പിതൃ എന്ന് വെച്ചാൽ മാതാവും പിതാവുമാണ് അവരോട് സംബന്ധം എന്നുള്ളത് തുല്യമായി അതുകൊണ്ടാകില്ലായെന്നർത്ഥം അതുകൊണ്ട് എന്താണോ നിങ്ങളീ പറയുന്നത് എന്താണ് ർത്ഥവും ആത്മാവും ഇത് ജഡമായിരിക്കെ ഇതിന്റെ ജ്ഞാനം സംവി സ്വയം പ്രകാശവും മൂലം ശരിയാകുന്നത് ഞാനിൻ്റെ ചുരുക്കം മനസ്സിലാക്കുന്നു അദ്വൈതി എന്തുന്നു ജ്ഞാനത്തെ സ്വയംപ്രകാശവുമായി സ്വീകരിക്കുന്നു എങ്ങനെ ജ്ഞാന സർവത്തിനും ആധാരമാണ് അതാണ് സ്വയംപ്രകാശം അദ്വൈതിയുടെ അഭിപ്രായത്തിൽ വര് പറയുന്നത് എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് അർത്ഥത്തെയും ആത്മാവിനെയും ആശ്രയിച്ചുണ്ടാകുന്നതാണ് അങ്ങനെ ആശ്രയിച്ചുണ്ടാകുന്ന ആ ജ്ഞാനത്തിനെങ്ങനെ സ്വയം പ്രകാശമാകാൻ പറ്റും കാരണം ഏതിനെ ആശ്രയിച്ചാണോ സംയുക്തമുണ്ടാകുന്നത് അതിലും എന്താണ് ജഡമാണ് മനസിലായ ഏതിനെ ആശ്രയിച്ചാണോ ജ്ഞാനം ഉണ്ടാകുന്നത് ഏതിനെയാണ് ആശ്രയിക്കുന്നത് ആത്മാവിനെയും വിഷയത്തെയും അത് ജഡമാണ് അപ്പോൾ അതിനെ ആശ്രയിച്ചുണ്ടാകുന്ന ഞാനോ അങ്ങനെ സ്വയം പ്രകാശവും ഞാനോ അപ്പം ഈ ജ്ഞാനോന്ന് പറയുന്നത് അർത്ഥത്തെയും ആത്മാവിനെ ആശ്രയിച്ചുണ്ടാകുകയാണെങ്കിൽ അതിനൊരിക്കലും എന്താകാൻ പറ്റത്തില്ല സ്വയം പ്രകാശമാകാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അപ്പം മാതാപിതാക്കള് വിവരമില്ലാത്തവരാണ് പുത്രന് ജ്ഞാനിയാകാം ഒരു കുഴപ്പമില്ല പറ്റൂന്ന പറയുന്നു പക്ഷെ പുത്രം ഞാനിയായതുകൊണ്ട് മാതാപിതാക്കൾ ഞാനിയാണോന്നും ഇല്ല തിരിച്ച് മനസിലാകാം അപ്പൊ എന്താണ് അർത്ഥ ആത്മാക്കളെ ആശ്രയിച്ചൊരു ബോധം ഉണ്ടാകുന്നു അത് സ്വയം പ്രകാശം എന്ന് പറയുന്ന കാര്യം പ്രയാസം അസ്വ അദ്വൈതിക്ക് പറയാം അദ്വൈതി എന്താണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിന് രണ്ടിനെ ആശ്രയിച്ചുണ്ടാകുന്നതല്ല നിത്യമാണ് സർവത്തിനും ആധാരമാണ് അദ്വൈതിയുടെ ജ്ഞാനത്തിനെങ്ങനെയിരിക്കാം സ്വയം പ്രകാശമായിട്ടിരിക്കാം കുഴപ്പമൊന്നും ഇല്ല അദ്വൈതീടെ ജ്ഞാനം ഒന്നിനെ ആശ്രയിച്ചല്ല ഉണ്ടാകുന്നു സ്വയം പ്രകാശം പക്ഷെ ഇവരീ പറയുന്ന എന്ന് പറയുന്നത് അർത്ഥത്തെയും ആത്മാവിനെ ആശ്രയിച്ചുണ്ടാവുന്നതാണ് അതിനെ സ്വയംപ്രകാശമാകാൻ പറ്റും നിങ്ങള് പറയുന്ന എന്താണ് സ്വയംപ്രകാശമാണ് അതങ്ങനെ ശെരിയാവും അർത്ഥവും ആത്മാവും സ്വയംപ്രകാശവും അഗ്നി സ്വയം അഗ്നി പ്രകാശിക്കുന്നതാണ് ജ്ഞാനം പോലെയല്ല അതെ അത് അതിന്റെ അതെ അഗ്നി എന്താണെന്ന് നമുക്കറിയാമേക്കൊണ്ടാണ് അതായത് ചൂട് പറയുന്നവണ് പറയുന്ന കേള് അപ്പോ ചൂട് കൂടുന്നിടത്ത് എന്ത് വരും പ്രകാശവും വരും ചൂട് കൂടുന്നിടത്ത് പ്രകാശവും വരും അപ്പോ എവിടെയെങ്കിലും ചൂട് കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രകാശം വരും ഈ ചൂടെന്നും പ്രകാശവും പറയുന്ന എന്താണ് അതും ഈ ഭൗതികമായ വസ്തുക്കളുടെ തന്മാത്രകളാണ് മനസിലായി ചൂടെന്നും പ്രകാശവും പറയുന്നത് ഭൗതിക തന്മാത്രമാണ് മോണിപ്പൂൾസാണ് തീപ്പെട്ടി തിപ്പത്തിയുടെ കോലെന്ന് പറയുന്നു അതിലിരിക്കുന്നത് എന്താണ് അതെന്താണ് അത് അത് മോളിക്യൂൾസാണ് മനസിലായോ അതിലിരിക്കുന്നതെന്താണ് മോളിക്യൂൾസാണ് ഇതിലിരിക്കുന്നതും മോളിക്യൂൾസാണ് അപ്പോൾ ഇതെന്തുകൊണ്ട് പ്രകാശിക്കുന്നു അതിൽ ഊർജം കൊടുമ്പം പ്രകാശിക്കും മനസിലായോ അതിനോട്ട് ഊർജം കൊടുക്കണം ഇപ്പൊ തീപ്പെട്ടി എന്താ ചെയ്യുന്നത് അവിടെ കൂടുതൽ ഊർജത്തെ കൊണ്ടുവരും ഊർജത്തെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ പ്രകാശം അപ്പോൾ ഊർജ്ജത്തെ കൊണ്ടുവരുന്നത് ചൂടുണ്ടാവും ചൂടുണ്ടാവും പ്രകാശം ഇതെല്ലാം ഭൗതിക വസ്തുക്കളിയാണ് ഇവിടെ നിന്ന് സ്വയം പ്രകാശം പ്രകാശിക്കുന്നു എന്ന് വിചാരിച്ചാൽ അവിടെ സ്വയം പ്രകാശം തീപ്പെട്ടി എന്ന് പറയുന്നതും മോളിക്യൂൾസാണ് മറ്റതും മോളിക്യൂൾസാണ് ഇവിടെ കൂടുതലായി സംഭവിക്കുന്നത് കർഷണം കൊണ്ട് ഊർജം കൂടുതൽ വരും ഊർജം ഊർജം കൂടുതൽ വരുമ്പോൾ അവിടെ ചൂട് കൂടുതലുണ്ടാവും ചൂട് കൂടുതൽ വരുമ്പോൾ എന്ത് വരുന്നു പ്രകാശി കൂടുതൽ വരുന്നു ഇതെല്ലാം എന്താണ് എല്ലാം മോളിക്കൂൾസ് അവിടെ സ്വയം പ്രകാശിക്കുന്ന ഒരു വസ്തുവോളിക്കൂൾസ് പലതരത്തിലുണ്ടാവും മനസിലായി പലതരത്തിലുള്ള അതിൻ്റെ ഇത്രയേ ഉള്ളു അവിടെ സംഭവിക്കുന്നത് ുന്ന ആ തന്മാത്രകൾ പ്രത്യേക രീതിയിൽ അടുക്കുകയാണ് മുമ്പുണ്ടായിരുന്ന തന്മാത്രകളുടെ ക്രമത്തിന് മാറ്റം വരികയാണ് തന്മാത്രകളുടെ ക്രമത്തിന് മാറ്റം വരുമ്പോഴത്തേക്കും അവിടെ ചൂടും പ്രകാശം അത്രയേ ഉള്ളൂ അല്ലാതെ അവിടെ സ്വയം പ്രകാശിക്കുന്ന ഒന്നുമില്ല സംഭവം നടക്കുന്നുണ്ട് എന്താണോ ഊർജം തന്നെയാണ് മോളിക്കൂൾസ് മോളിക്കൂൾസ് തന്നെയാണ് ഊർജം പക്ഷെ അവിടെ ഹീറ്റെന്ന് പറയുന്ന ഒന്നുണ്ടാവുമ്പോൾ പ്രകാശം ഉണ്ടാവും ഇതെല്ലാം ഊർജം തന്നെയാണ് ഊർജ സംരക്ഷണ നിയമം പഠിക്കണം സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ മെറ്റാഫിസിക്സ് അല്ല ഫിസിക്സ് മെറ്റാഫിസിക്സ് വരെ ഫിസിക്സ് വരെ അർത്ഥമറിയാതെ വാക്കുകളെടുത്ത് പ്രയോഗിക്കാൻ നമ്മൾ ഈ പറയുന്ന ഫിസിക്സാണ് മെറ്റാഫിസിക്സ് അതിഭൗതികം അതിനാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ഭൗതികത്തിനപ്പുറം ഉള്ള കാര്യം മനസ്സിലാകും അതിഭൗ ഭൗതികത്തിനപ്പുറമുള്ളാണ് അതേയുള്ളൂ അതാണ് ചൂടായി നമുക്ക് അനുഭവപ്പെടുന്നതും പ്രകാശമായി അനുഭവപ്പെടുന്നതും തീപ്പെട്ടിയിലും കോലിന് വരിക്കുന്ന കെമിക്കലും മനസ്സിലാവുക ഇതെല്ലാം ആ മോളി കുറിച്ച് തന്നെയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊർജം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഊർജം കൈമാറ്റം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു കർഷണം കൊണ്ട് ഊർജം കൈമാറ്റം ചെയ്യണം ഞാനിപ്പോൾ ഇതിലൊരു അടിയടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ഞാൻ ഊർജം അങ്ങോട്ട് കൈമാറ്റം ചെയ്യാണ് അപ്പോ അവിടെ ശബ്ദം കേൾക്കുന്നു അതുപോലെ തന്നെ എന്തു ചെയ്യും അവിടെ ചൂടുണ്ടാവും ചൂടുണ്ടായാൽ പ്രകാശം ഉണ്ടാവും ഇതെല്ലാം ഊർജം തന്നെ അവിടെ സ്വയംപ്രകാശം എന്ന് പറയുന്ന ഒരു വസ്തുവില്ല അറിവിന്റെ കാര്യം എങ്ങനെയാണ് പറയുന്നത് അറിവ് ഊർജമല്ല മനസ്സിലായോ ഇപ്പൊ അറിവെടുത്തു കഴിഞ്ഞാൽ ഈ അറിവെന്ന് പറയുന്നത് ഊർജ കണികകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പണ്ട് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പം കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ ഏത് വസ്തു എടുത്താലും അതിൽ ഊർജ കണികകൾ കാണും അങ്ങനെ വിച്ഛേദിച്ച് വിച്ഛേദിച്ച് കഴിഞ്ഞാൽ ഇതുവരെ അവസാനം ഊർജ കണങ്ങളിലെത്തിച്ചേരും അറിവില് അങ്ങനെ ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലായോ അറിവെന്ന് പറയുന്നത് അതുകൊണ്ടാണ് സയൻസിനും അറിവിനെ പഠിയിട്ടത് ഊർജ കണങ്ങളിൽ അറിവില്ല എന്നാ അറിവ് പ്രവർത്തിക്കുന്ന ഇവിടെ ബ്രെയിനിൽ അത് മുഴുവൻ ഊർജ്ജമാണ് അതിലെല്ലാം ഊർജ കണങ്ങളാണ് അപ്പോ ഈ അറിവെന്താണ് അതുകൊണ്ട് പറയും അത് സ്വയം പ്രകാശമായ ഒന്നാണ് അതാണ് പറയുന്നത് എന്താണ് അത് അജഡാ ജഡോ എന്ന് പറയുന്നിടത്തൊക്കെ എന്ത് വരും ജഡം എന്നിവിടെയൊക്കെ പറയുന്ന അവിടെയൊക്കെ ഊർജ കണങ്ങൾ വരും മനസ്സിലാവും ജഡോ നിങ്ങൾ എന്തിനൊക്കെ വിളിക്കുന്നോ അവിടേക്ക് എന്ത് വരും ഊർജ കണങ്ങൾ ആ ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഊർജകണം ഇല്ലാത്ത ഒന്ന് അതാണ് സംയുക്തം അത് കണ്ടെത്തിയിട്ടില്ല ഊർജ്ജം ആ ഊർജകണമില്ലാത്തതായ ഈ ബോധം എന്ന് പറയുന്നത് അതെന്താണ് അത് സ്വയം പ്രകാശമാണോ അല്ലയോ ഈ പുറമേ കാണുന്ന പ്രകാശം പോലെയാണോ അല്ല അത് സ്വയം പ്രകാശം അതിന് വേറൊരു ഉദാഹരണവും ഇല്ല സംയുക്തിന് പകരം നമുക്കൊന്നും വയ്ക്കാൻ പറ്റില്ല ഇതുപോലെയാണ് സംയുക്തം എന്ന് പറയാൻ വേറൊന്നുമില്ല അതുമാത്രേ ഉള്ളൂ ബോധത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല പ്രകാശത്തിന് പകരം വയ്ക്കാൻ നമുക്ക് പലതും ഉണ്ട് എന്തുകൊണ്ട് പ്രകാശം എന്ന് പറയുന്നത് ഊർജഗണമാണ് ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞാൻ ഇത്രയും വിശദീകരിക്കും അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഈ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം ചോദ്യം എന്തോ ആയിക്കൊള്ളോട്ടെ ഈ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ചോദ്യം എങ്ങനെ ആയിക്കൊള്ളട്ടെ ചോദ്യത്തെ ഞാൻ വിട്ടു പക്ഷെ അത് പറയാൻ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പറയുന്ന ഉത്തരം ശ്രദ്ധിച്ചിരിക്കും എന്നാ ഞാൻ പറയുന്നത് എന്താണ് ബോധവും എന്താണ് സംയത്വം എന്താണ് ജടവും നിങ്ങളുടെ വ്യത്യാസം എന്താണ് വ്യത്യാസം ഒന്ന uh. oh,